അള്ളാഹു സുബാനുഹു അച്ഛായാവിൽ വിശ്വസിക്കണമെന്നും അവൻറെ റസൂലിനൊപ്പം പോരാടണമെന്നും പറയുന്ന ഒരു സുഹൃത്ത് അവതരിക്കപ്പെടുമ്പോൾ അവരിലെ പ്രഭുക്കന്മാർ നിങ്ങളോട് അനുവാദം ചോദിക്കുകയും ഞങ്ങളെ വിട്ടേക്കൂ മാറി നിൽക്കുന്നവരോടൊപ്പം ഞങ്ങളും എന്ന് പറയുകയും ചെയ്യുന്നു